പ്രിയമുള്ളവരെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന കർത്താവ് പറഞ്ഞ വചനം കുറിവാചകമായിട്ടെടുത്തുകൊണ്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കയ്യാളുന്ന നമ്മൾ കൊണ്ട് സത്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പ്രാഥമികമായ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുകയായിരുന്നല്ലോ കഴിഞ്ഞയാഴ്ച നമ്മൾ ബൈബിളെ സംബന്ധിച്ചുള്ള സത്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ബൈബിളിൻ്റെ അറുപത്താറ് പുസ്തകങ്ങളുള്ള ബൈബിളിൻ്റെ പ്രാഥമികമായ അടിസ്ഥാനപരമായ പല കാര്യങ്ങളെന്തൊക്കെയാണ് അതുപോലെ അപ്പോ കൃഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ന് കത്തോലിക്ക സഭയും മറ്റും അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു നമ്മൾ ഇതിൻ്റെയൊക്കെ ഒത്തിരി ആഴമേറിയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമ്മളൊരു സഭയിലെ കൂടി നടക്കുന്ന സാധാരണ വിശ്വാസികളെന്നുള്ള നിലയിൽ നമുക്ക് പ്രസക്തമായ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ ഒരു വേദശാസ്ത്രപരമായ അതിൻ്റെ കടന്ന് ഒത്തിരി അറിവുണ്ടാക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നാൽ നമ്മൾ സത്യങ്ങൾ അറിയുകയും ഈ നിലയിൽ നോക്കുമ്പോൾ ബൈബിള് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിലെ വാക്യങ്ങൾ വാക്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം നമ്മളെ ഈ ബൈബിള് വായിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ബൈബിളിലെ വാക്യങ്ങൾ വായിച്ച് നമ്മൾ പുതിയ ചിന്തകളിലേക്ക് കടക്കുമ്പോഴാകട്ടെ ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഗുണത്തെക്കാൾ നമുക്ക് ദോഷം ചിലതിനെക്കുറിച്ച് നമുക്ക് സംശയങ്ങളുണ്ടാകും ഈ സംശയങ്ങൾ യഥാസമയം പരിഹരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സംശയങ്ങൾക്ക് കാരണമായ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ട് നമുക്ക് ചില വിവരങ്ങളില്ലെങ്കിൽ അതിനെക്കുറിച്ച് ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ അത് തെറ്റാണ് ബൈബിളിലെ തെറ്റാണ് എന്ന് കരുതി വിശ്വാസം തന്നെ ക്രമേണ ഇല്ലാതായിപ്പോയ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ആ നിലയിൽ കേരളക്കരയിലെ പത്തനംതിട്ട ജില്ലയിൽ ഒരു പെന്തക്കോസ്തു കുടുംബത്തിൽ ജനിച്ച് അവിടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറയുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കൊച്ചന് താന് ബൈബിള് വായിക്കാൻ തുടങ്ങി ബൈബിള് വായിച്ചപ്പോൾ അവന് പല സംശയങ്ങളുണ്ടായി ആ സംശയങ്ങൾ പരിഹരിക്കാനായിട്ട് അവനവൻ്റെ പാസർമാരെയോ ബൈബിൾ കോളേജിലെ അധ്യാപകരെയോ സമീപിച്ചു എന്നാൽ അവർ വേണ്ടതുപോലെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവൻ്റെ ഒരു തലത്തിലേക്ക് ചെന്ന് അവനെ ഉൾക്കൊണ്ട് അവൻ്റെ പ്ര അവൻ്റെ സംശയങ്ങളെ പരിഹരിക്കാൻ അവർ തയ്യാറായില്ല അതിനെ തുടർന്ന് ആ പയ്യൻ എന്തു പറ്റി അവന് ഉള്ളത് ഇസ്ലാം മതമാണ് ശരി എന്ന് പറഞ്ഞ് ഒരു പന്തക്കോസുകാരനായ പയ്യൻ രക്ഷിക്കപ്പെട്ട് സഭയിൽ സ്നാനപ്പെട്ടൊക്കെ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയാണ് ഞാൻ ഊഹിക്കുന്നത് അവൻ്റെ ടെസ്റ്റ് പണി മുസ്ലിം ആയതിന് ശേഷം ക്രിസ്തീയ സഭകൾക്കെതിരെ സംസാരിക്കുന്നത് കേൾക്കാനായിട്ടിടയായി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഈ കാര്യം അപ്പോൾ ഈ ഈ ചെറുപ്പക്കാരൻ അവനങ്ങനെ മുസ്ലിം ആയതിന് ശേഷം അവന് തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുകയും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെ സജീവമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളുമൊക്കെ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു ഗ്രാഹ്യമില്ലെങ്കിൽ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ആ കൊച്ചൻ പറഞ്ഞ ഒരു കാര്യം നോക്കുക ഒന്ന് പുരിന്തിയർ ഏഴാമധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ പറയുന്നു കന്യകമാരെക്കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയില്ല എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കരുണ ലഭിച്ചവനായി ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് കന്യാകുമാരെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ തൻ്റെ അഭിപ്രായങ്ങളെ താനവിടെ ഒന്ന് കോരിൻ്റെ ഏഴിൻ്റെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ വിശദമായിട്ട് പറയുക എന്നിട്ട് താൻ പറയുന്നു കന്യാ വിവാഹം കഴിച്ചു കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് നാൽപ്പതാമത്തെ വാക്യം ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം ദൈവാത്മാവ് എനിക്കും ഉണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗം ഉദ്ധരിച്ച ശേഷം ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് ബൈബിളെന്ന് പറഞ്ഞാൽ ദൈവം അരുളി ചെയ്യുന്ന വളരെ കൃത്യമായ വചനങ്ങളായിരിക്കണ്ടേ അതിന് ഇവിടെ നോക്കുക ഒരെഴുത്തുകാരൻ പറയുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എനിക്കങ്ങനെ തോന്നുന്നു എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എനിക്കും ഞാനിതേ അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ദൈവാത്മാവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണോ ഇതിനൊരു ആധികാരികതയില്ല ഈ ബൈബിളിനൊരു ആധികാരികതയില്ല ബൈബിള് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെയാണ് എന്നല്ലേ പറയേണ്ടത് അതിന് പകരം എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്നൊക്കെയാണോ പറയേണ്ടത് ആ സംശയം അവൻ ചോദിച്ചു പക്ഷെ അവന് ആരും അത് വിശദമാക്കി കൊടുത്തില്ല പ്രിയപ്പെട്ടവർ ഈ ആട്ടെ നമ്മളെ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ നമ്മുടെ മറുപടി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ട് അറുപത്താറ് പുസ്തകങ്ങളാണ് ബൈബിളിൽ ഉള്ളതെങ്കിലും അതിനൊരു ഒറ്റ എഴുത്തുകാരനാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം അറുപത്താറ് പുസ്തകം നാൽപ്പതിൽപ്പരം എഴുത്തുകാരൻ എഴുതിയതാണ് എന്ന് നമ്മൾ കഴിഞ്ഞയാഴ്ച ചിന്തിച്ചു എന്നാൽ നമുക്കിങ്ങനെ പറയാം സത്യത്തിലെ ഈ അറുപത്താറ് പുസ്തകങ്ങൾക്കും ഒരൊറ്റ എഴുത്തുകാരനെ ഉള്ളു അതാരാണ് അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ആ ദൈവനിവേശിതമായ ആ ഒരു എഴുത്താണ് ബൈബിളിൽ ഉടനീളമുള്ളത് പരിശുദ്ധാത്മാവ് എഴുത്തുകാരെ പ്രചോദിപ്പിച്ചാണ് ഈ അറുപത്തിയാറ് പുസ്തകം എഴുതിയിട്ടുള്ളത് പക്ഷേ പരിശുദ്ധാത്മാവ് ആ നിലയിൽ അതിന് പ്രചോദനം നൽകിയപ്പം തന്നെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇത് അല്ലാതെ അവൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി അവൻ്റെ മേൽ ആവേശിച്ച് വ്യക്തിത്വത്തെ തീർത്തും ഇല്ലാതാക്കിയല്ല പരിശുദ്ധാത്മാവ് ഇതെഴുതിയത് എഴുത്തുകാരൻ്റെ വ്യക്തിത്വം അവിടെയുണ്ട് അതുകൊണ്ട് ആ എഴുത്തുകാരൻ താൻ അഭിമുഖിക്കുന്ന ചില കാര്യങ്ങൾ തൻ്റെ ചില അഭിപ്രായങ്ങൾ തൻ്റെ ചില ചിന്തകൾ ഒക്കെ വ്യക്തിപരമായിട്ട് രേഖപ്പെടുത്തുന്നു പക്ഷേ അത് ദൈവത്താൽ പ്രചോദിതമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് പത്രവും ഒന്നാമധ്യായം അതിൻ്റെ ഇരുപതോ ഇരുപത്തൊന്നോ വാക്യങ്ങൾ നോക്കുക തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ് എന്നാണ് തിരുവഴുത്ത് എഴുതിയതിനെക്കുറിച്ച് പത്രോസ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തിരുവഴുത്തിൽ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചു മനുഷ്യൻ എഴുതിയതാണ് അപ്പോൾ പരിശുദ്ധാത്മനിയോഗമുണ്ട് പക്ഷേ അത് എഴുതിയ മനുഷ്യരവിടെ ഉണ്ട് ആ മനുഷ്യരെ തീർത്തും നിഷേധിച്ച് അവരെ ഇല്ലാതാക്കിയിട്ടല്ല ഈ നിലയിലെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് ഒന്ന് പത്ര ഓസ് നാലിൻ്റെ പതിനൊന്ന് നോക്കുക ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന അപ്പോൾ എഴുതുന്നത് മാത്രമല്ല സഭയിൽ പ്രസംഗിക്കുന്ന കാര്യം നോക്കുക അവിടെയും പ്രസംഗിക്കുമ്പം പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകളാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ആ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ ഭാഷാ പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചില പ്രത്യേകതകളുമൊക്കെ ആ പ്രസംഗത്തിലെ നിഴലിട്ട് കാണാം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ദൈവാത്മപ്രചോദിതമാണ് ദൈവശ്വാസീയമാണ് പക്ഷേ അപ്പോൾ തന്നെ അതെന്താണ് ആ എഴുത്തുന്ന എഴുത്തുകാരനെ ആ എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നില്ല ബൈബിളിൽ അതിന് രണ്ട് പ്രയോഗങ്ങൾ നമ്മളെ ഗ്രീക്കിൽ കാണുന്നുണ്ട് ഒന്ന് ബൈബിളിനെ സംബന്ധിച്ച് റെവലേഷൻ വെളിപ്പാട് അപ്പോ കലുബ്സിസ് അപ്പോ കലുപ്സിസ് എന്ന ഗ്രീക്കിൽ പറയുന്ന വെളിപ്പാട് മറ നീക്കി ബൈബിളിൽ അങ്ങനത്തെ ഭാഗങ്ങളുണ്ട് ബൈബിളിൻ്റെ അഞ്ചിലൊന്ന് ഭാഗങ്ങൾ പ്രവചനങ്ങളാണ് സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെ ലൂസിഫറിൻ്റെ മത്സരം അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന വെളിപ്പാട് പുസ്തകത്തിലെ വിവരങ്ങൾ ഇതൊക്കെ പ്രവചനപരമായ മറ നീക്കി കാണിക്കുന്ന ഭാഗങ്ങൾ ബൈബിളിലുണ്ട് അതാണ് അപ്പോക്കലിപ്സിസ് എന്ന് പറയുന്ന വെളിപ്പാടിൻ്റെ ഭാഗം അപ്പോൾ തന്നെ മറ്റു ഭാഗങ്ങളെന്ന് പറയുന്നത് പ്രചോദനപരമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷനിൽ എഴുതപ്പെട്ടതാണ് ഗ്രീക്കിൽ അതിന് തിയോനെസ്റ്റോസ് എന്നാണ് പറയുന്നത് തിയോനെസ്റ്റോസ് അപ്പോൾ നോക്കുക അപ്പോക്കലിപ്സിസും തിയോനെസ്റ്റോസും അത് രണ്ടും ചേർന്നതാണ് തിരുവഴുത്ത് ഇത് രണ്ടും എന്താണ് വെളിപ്പാടും ദൈവനിശ്വാസിയമാണ് ദൈവത്തിൻ്റെ ശ്വാസമേറ്റതാണ് ഗോഡ് ബ്രത്ഡാണ് അതുപോലെ തന്നെ പ്രചോദനപരമായ തിയോനെസ്റ്റോസും ദൈവത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ് ദൈവമനുഷ്യരുടെ ഹൃദയത്തെ പ്രചോദിപ്പിച്ച് സത്യസന്ധമായ വിവരങ്ങളെ രേഖപ്പെടുത്തിയതാണ് ഈ കാണുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം തന്നെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളുണ്ട് ഉദാഹരണത്തിന് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ കണ്ടോ ലൂക്കോസ് തേയോഫിലിയോസേ ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഞാൻ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താൻ വ്യക്തിപരമായിട്ടൊരാളെ സംബോധന ചെയ്താണ് ആദ്യത്തെ നാല് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നു പറഞ്ഞ പോലെ ആ ലൂക്കോസ് എന്നുള്ള വ്യക്തി മാറി നിൽക്കുന്നില്ല ലൂക്കോസ് എന്നുള്ള വ്യക്തി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒന്ന് കോരിന്തേർ ഏഴിൻ്റെ ഇരുപത്തഞ്ച് നാൽപ്പത് വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പം പൗലോസ് എന്നുള്ള എഴുത്തുകാരൻ എവിടെയുണ്ട് പക്ഷേ പൗലോസ് ആ കന്യകമാരെക്കുറിച്ച് എഴുതിയ ആ കാര്യങ്ങൾ തീർച്ചയായും ദൈവശ്വാസീയമാണ് പ്രചോദനപരമാണ് അതുകൊണ്ട് തന്നെ അത് തിരുവഴുത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ അഭിപ്രായപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കും എൻ്റെ ചിന്ത എങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ദൈവത്തിൻ്റെ തിരുവഴുത്തല്ല മനുഷ്യൻ്റെ അഭിപ്രായങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് പാടില്ല ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞതെന്താ ഈ നാൽപ്പതിൽപ്പരം എഴുത്തുകാരാണ് ഈ അറുപത്താറ് പുസ്തകങ്ങൾ എഴുതിയതെന്ന് പറഞ്ഞാലും ഇതിനൊരൊറ്റ എഴുത്തുകാരനാണുള്ളത് ആ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവമനുഷ്യരുടെ ഹൃദയത്തെ പ്രചോദിപ്പിച്ച് സത്യസന്ധമായ വിവരണങ്ങൾ നൽകുകയാണ് ചെയ്തത് അതിൽ വെളിപ്പാടുകളുമുണ്ട് അതുപോലെ തന്നെ പ്രചോദനപരമായ എഴുത്തുമുണ്ട് ഇത് രണ്ടും ദൈവശ്വാസീയമാണ് ഇങ്ങനെ ഉള്ള ആ തിരുവെഴുത്തുകളെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ടാണ് അല്ലാതെ എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടല്ല പരിശുദ്ധാത്മാവ് ഇതൊക്കെ ഈ രേഖപ്പെടുത്തിയത് ഇതൊക്കെയാണ് ബൈബിള് വ്യാഖ്യാനിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട പ്രാഥമികമായ ചില കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു വന്നത് ദൈവവചനം അത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു ഈ പരിശുദ്ധാത്മാവാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മ പ്രചോദനത്താലാണ് ഇത് ബൈബിള് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലും അത് ആളുകളെ കൊണ്ടാണ് മനുഷ്യർ ദൈവ നിയോഗം പ്രാപിച്ച് പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ച് മനുഷ്യരാണ് അത് ചെയ്തിരിക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെ തമസ്കരിച്ചല്ല ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബൈബിളിലെ വെളിപ്പാട് മറനീക്കി കാണിക്കുന്ന ഭാഗങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ പ്രചോദനപരമായ ഭാഗങ്ങൾ വരുമ്പോൾ അവിടെ ഈ എഴുത്തുകാർ ചിലപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെന്ന് വരാം അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ പറഞ്ഞെന്ന് വരാം അത് ദൈവ നിയോഗത്താൽ തന്നെയാണ് അപ്പോൾ തന്നെ എഴുത്തുകാരുടെ വ്യക്തിത്വത്തെയാണ് അവിടെ കാണിക്കുന്നത് അത് തെറ്റുള്ള കാര്യമല്ല അതിന് ആധികാരികതയില്ല എന്നല്ല കണക്കാക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത് പ്രിയപ്പെട്ടവർ അപ്പം തന്നെ ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ എഴുത്തുകാർ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നു എന്ന് വിചാരിക്കും ഉദാഹരണത്തിന് റോമർക്ക് എഴുതിയ ലേഖനം നോക്കുക റോമർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസിൻ്റെ വാദഗതി എന്ന് പറയുന്നത് വിശ്വാസത്താലാണ് രക്ഷ അതേസമയം യാക്കോബിൻ്റെ ലേഖനം നോക്കുക അവിടെ യാക്കോബ് പറയുമ്പോൾ പ്രവർത്തിയാലാണ് രക്ഷ എന്നുള്ള നിലയിലാണ് യാക്കോബ് പറയുന്നത് വിശ്വാസത്തിനും അപ്പുറത്ത് അപ്പോൾ ഈ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ വചനത്തെ വചനത്തോട് താരതമ്യം ചെയ്യാതെ ഒരാൾ പറയുക അതിൻ്റെ അകത്ത് ബൈബിളിലെ വൈരുദ്ധ്യങ്ങളുണ്ട് പരസ്പര വിരുദ്ധമായ കാര്യമുണ്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്താലാണ് രക്ഷയെന്ന് പറയുന്നു യാക്കോബ് പ്രവർത്തിയാലാണ് രക്ഷയെന്ന് പറയുന്നു രണ്ടും രണ്ട് കാര്യമല്ലേ സത്യത്തിൽ ഇതെന്താ രണ്ട് എഴുത്തുകാരാണ് ആ രണ്ട് എഴുത്തുകാർ രണ്ടൂന്നലാണ് അവർക്കുള്ളത് ഈ രണ്ടൂന്നലും കൂടെ ചേർന്നാണ് ആത്യന്തികമായ സത്യമുള്ളത് വിശ്വാസത്താലാണ് രക്ഷ അത് ശരിയാണ് അപ്പോൾ തന്നെ ആ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടണം എന്നുള്ളതാണ് യാക്കോവ് പറയുന്നത് ഇത് രണ്ടും ചേർന്നാണ് ഇത് പരസ്പര വിരുദ്ധമല്ല ഒറ്റ ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് തോന്നിയാലും ഒരാളുടെ ഇടം കൈയും പോലെ ഇടംകൈ പോലെ അതേപോലെ തന്നെ അല്ല വലങ്കൈ വ്യത്യാസമുണ്ട് അതിൻ്റെ പൊസിഷനും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് ബാലൻസ്ഡ് ആകുന്നത് പറയുന്നത് പോലെ ഈ റോമർക്കുള്ള ലേഖനവും അതിനെ ബാലൻസ് ചെയ്യുന്നു യാക്കോബിൻ്റെ ലേഖനം അപ്പോൾ യാക്കോബിൻ്റെ ലേഖനവും റോമ റോമർക്ക് എഴുതിയ ലേഖനവും പരസ്പര വിരുദ്ധമല്ല രണ്ട് വ്യത്യസ്ത എഴുത്തുകാരുടെ രണ്ട് വ്യത്യസ്തമായ ഊന്നൽ അതിനെ മുഴുവൻ പരിശുദ്ധാത്മാവ് തന്നെ അതിൻ്റെ മേൽ പ്രവർത്തിച്ച് രണ്ടിനേയും ചേർത്ത് അത് അത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്നതാണ് പൂർണമായ സത്യം ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഒന്ന് എഴുത്തുകാരുടെ വ്യക്തിത്വം നിലനിർത്തുന്നു രണ്ട് വചനത്തെ വചനത്തോട് താരതമ്യം ചെയ്യണം അതായത് റോമർക്കെഴുതിയ ലേഖനത്തിൽ വിശ്വാസത്താലാണ് രക്ഷ എന്ന് പറയുമ്പോൾ അത് മാത്രം കണ്ടങ്ങ് പോകരുത് അല്ലെ യാക്കോബിൽ പ്രവൃത്തിയാലാണ് രക്ഷയെന്ന് കണ്ട് അത് മാത്രമായിട്ട് പോകരുത് ഈ വചനത്തെ വചനത്തോട് താരതമ്യം ചെയ്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാഴ്ചപ്പാട് സമതുലിതമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ സ്വാംശീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ബൈബിളിലെ ഏതെങ്കിലും ഭാഗം സംബന്ധിച്ച് നമുക്കൊരു സംശയം വന്നാൽ ആ സംശയം ആ പശ്ചാത്തലം മുഴുവൻ വായിച്ചു നോക്കണം ഉദാഹരണത്തിന് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്ന് മുസ്ലിമായ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ പെരുമ്പാവൂര് കേന്ദ്രമാക്കി ക്രിസ്തീയതയ്ക്കെതിരെ തുടർച്ചയായിട്ട് വീഡിയോകൾ ഇടുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറ്റൊരു കാര്യം മർക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തൊൻപതാമത്തെ വാക്യമാണ് എല്ലാറ്റിലെയും മുഖ്യകൽപ്പന ഏതാണ് എന്ന് ഒരു ശാസ്ത്രീയ കർത്താവിനോട് ചോദിച്ചു അന്നേരം കർത്താവായി യേശു ക്രിസ്തു സത്യത്തിൽ ദൈവമാണെങ്കിൽ നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നല്ലേ പറയേണ്ടത് അതിന് പകരം മർക്കോസ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിലും മുഖ്യ കല്പനയോ ഇസ്രായേലേ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് അതിൻ്റെ അർത്ഥം ഞാൻ കർത്താവല്ല ഞാൻ നിൻ്റെ ദൈവമല്ല നിൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറയുന്ന യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെന്നാണ് യേശു പോലും പറഞ്ഞത് പിന്നീട് ഈ ക്രിസ്ത്യാനികളെല്ലാം കൂടെ കൂടി യേശുവിനെ ദൈവമാക്കുകയാണ് ചെയ്തത് ഉദാഹരണത്തിന് മർക്കോസ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തൊൻപത് എന്നവൻ ആ കൊച്ചന് അത് ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും പക്ഷേ എന്താ നമ്മൾ ആ ഭാഗത്തിൻ്റെ പശ്ചാത്തലം വായിച്ചു നോക്കണം ഒരു ശാസ്ത്രി വന്നിട്ട് കർത്താവിനോട് ഈ തിരുവഴുത്തിലെ തിരുവഴുത്തെന്നപ്പോൾ പറയുമ്പോൾ പഴയ നിയമം മാത്രമാണ് ഉള്ളത് പുതിയ നിയമം വന്നിട്ടില്ല പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാന കല്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തൊൻപതിൽ എടുത്ത് ഉദ്ധരിക്കുന്നത് ആവർത്തന പുസ്തകം ആറിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ എടുത്ത് അതുപോലെ ഉത്തരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ താൻ അവിടെ ഞാൻ ദൈവമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് നോക്കുകയല്ല ആ ശാസ്ത്രി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കാതെ ആ പശ്ചാത്തലത്തിൽ നിന്ന് ഇത് മാത്രം അടർത്തിയെടുത്ത് പറയുമ്പോൾ അയ്യോ ശരിയാണല്ലോ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം അതിൻ്റെ അർത്ഥം ഞാൻ ദൈവവും കർത്താവും അല്ലെന്നാണല്ലോ യേശു പറഞ്ഞത് എന്ന് ഒരു പക്ഷേ ഈ പശ്ചാത്തലം അറിഞ്ഞുകൂടെങ്കിൽ ആളുകൾ ചിന്തിച്ചു പോകും പ്രിയപ്പെട്ടവരെ അത് ആവർത്തന പുസ്തകം ആറിൻ്റെ നാല് വാക്യങ്ങളുടെ എടുത്തുള്ള ഉത്തരണിയാണത് അപ്പോൾ ഈ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഴുത്തുകാരുടെ വ്യക്തിത്വത്തെ നമ്മൾ കാണണം അതുപോലെ വചനത്തെ വചനത്തോട് താരതമ്യം ചെയ്ത് സമതുലിതമായ ഒരു കാഴ്ചപ്പാടിലെത്തണം മൂന്നാമത് ഇപ്പം നമ്മൾ പറഞ്ഞത് അതിൻ്റെ ആ ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് നമ്മൾ സംശയമുണ്ടാക്കാൻ ആരെങ്കിലും നോക്കിയാൽ അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമ്മൾ വായിച്ചു നോക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ ഭാഷാപരമായ തർജ്മയുടെ ചില പ്രശ്നങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ബൈബിളില് തെറ്റുണ്ട് എന്ന് ചിലർ പറയാറുണ്ട് ഉദാഹരണത്തിന് ഒന്ന് ശമൂഹയിൽ ആറിൻ്റെ പത്തൊൻപത് നോക്കുക ഒന്ന് ചെമുവിൽ ആറിൻ്റെ പത്തൊൻപതിൽ ബേശമേശ്യർ യെഹോയുടെ പെട്ടകത്തിൽ നോക്കി അപ്പോൾ ദൈവം ജനത്തിൽ അമ്പതിനായിരത്തി എഴുപത് പേരെ സംഹരിച്ചു അൻപതിനായിരത്തി എഴുപത് പേരെ സംഹരിച്ചു എന്നാണ് ഒന്ന് ചമുവിലാറിൻ്റെ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ സത്യത്തിൽ ആ ഗ്രാമത്തിൽ അത്രയും പേരില്ല അമ്പതിനായിരത്തി പേരെ സംഹരിക്കത്തക്കോണ്ണം അത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമല്ല അപ്പൊ എന്താ പറ്റി എന്താണ് കാര്യം അവിടെ ഹീബ്രുവില് എഴുതിയപ്പോൾ സെവൻറ്റി മെൻ ടു ഫിഫ്റ്റീസ് ആൻഡ് എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വായിക്കേണ്ടത് പക്ഷേ ആ ഹീബ്രു മാനുസ്ക്രിപ്റ്റ് കയ്യെഴുത്തു തയ്യാറാക്കിയ കോപ്പി ചെയ്യുന്ന ആള് ആ ഗ്രാമറിൻ്റെ ഹീബ്രോ ഗ്രാമറിൻ്റെ പ്രത്യേകത അറിയാതെ എഴുതിയത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ വന്നപ്പം അമ്പതിനായിരത്തി എഴുപത് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ നേരെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം മലയാളത്തിലും അമ്പതിനായിരത്തി പേരെന്ന് തന്നെ വന്നു സത്യത്തിൽ അത്രയും പേരല്ല അത്രയും പേരില്ല ആയിരത്തി പേരേ ഉള്ളൂ എന്നാൽ എൻ ട്രാൻസ്ലേഷൻ ഇപ്പോൾ പുതിയ ന്യൂ ഇൻ്റർനാഷണൽ വെർഷൻ എഴുപത് പേരെന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ ഇതൊരു വലിയ കാര്യമല്ല എത്ര പേരാണ് മരിച്ചത് അത് ഹീബ്രൂ ഗ്രാമറിന്റെ ഒരു പ്രത്യേകത അറിയാതെ ആ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആൾ അതിൽ നിന്ന് യാന്ത്രികമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ നമുക്കറിയാം അങ്ങനെയാണ് ഈ അമ്പതിനായിരത്തി എഴുപത് പേര് എന്ന വലിയ സംഖ്യ വന്നത് ഇംഗ്ലീഷിൽ നിന്ന് നേരിട്ടാണ് മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പലരും നമുക്കറിയാമല്ലോ ചാത്ത് നായർ ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ ചില പണ്ഡിതന്മാരൊക്കെയാണ് മലയാളം പണ്ഡിതന്മാരെയാണ് അന്നത്തെ മിഷണറിമാർ ചിലരെ ട്രാൻസ്ലേഷന് വേണ്ടി നിയോഗിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ട്രാൻസ്ലേഷൻ ആ നിലയിൽ നൂറ് ഒരു പ്രശ്നവും ഇല്ലാതെ എന്നല്ല ഭാഷാപരമായ തർജ്മയുടെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത്തരമൊരു സ്ഥലമാണ് ഒന്ന് ശമൂഹയിൽ ആറിൻ്റെ പത്തൊൻപത് അതുപോലെ തന്നെ നോക്കുക ന്യായാധിപന്മാർ ഇരുപതിൻ്റെ മുപ്പത്തഞ്ചിൽ ന്യായാധിപന്മാർ ഇരുപതിൻ്റെ മുപ്പത്തഞ്ചിൽ ബെന്യാമീന്യരിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേരെ ദൈവം സംഹരിച്ചു എന്നവിടെ കാണുന്നുണ്ട് അല്ലെ ഇസ്രായേൽ മക്കൾ സംഹരിച്ചു എന്നവിടെ കാണുന്നുണ്ട് എന്നാൽ അവിടുന്ന് ആ ഞായധുപന്നാറിൻ്റെ പുസ്തകം ഇരുപതിൻ്റെ നാല്പത്താറ് വരുമ്പോൾ ബെന്യാമിനേരിൽ ആകെ ഇരുപത്തയ്യായിരം ആയുധപാണികൾ പട്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം കണ്ടോ ഇരുപതിൻ്റെ മുപ്പത്തഞ്ചിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേര് പട്ടുപോയെന്നു പറയുന്നു നാല്പത്താറിൽ വന്നപ്പോൾ ഇരുപത്തയ്യായിരം പേര് പട്ടുപോയെന്നു പറയുന്നു ഈ രണ്ട് ഭാഗങ്ങൾ എടുത്ത് നമ്മുടെ ചെറുപ്പക്കാരെ ആരെയെങ്കിലും കാണിച്ചിട്ട് പറയുക കണ്ടോ ബൈബിളിൽ തെറ്റുണ്ട് ഒരിടത്ത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേരെന്ന് പറയുന്നു മറ്റൊരിടത്ത് ഇരുപത്തയ്യായിരം പേരെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഈ ബൈബിള് എന്ന് പറയുന്നത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തർജ്മ ചെയ്യുന്നതാണ് ഭാഷാ പ്രയോഗത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ ചില സംഖ്യകൾ റൗണ്ട് ചെയ്തെഴുതും റൗണ്ട് ചെയ്തെഴുതും അങ്ങനെയാണ് ഇരുപത്തയ്യായിരത്തി എന്നുള്ളത് ഇരുപത്തയ്യായിരം ട്ടുപോയി ആകെ എന്ന് പറഞ്ഞ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് എഴുത്തുകാരുടെ ഊന്നലിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് വചനത്തെ വചനത്തോട് താരതമ്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം തർജിമയുടെ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാഷാപ്രയോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ സംഖ്യകൾ റൗണ്ട് ചെയ്തുപയോഗിച്ചിരിക്കുന്നതുണ്ടാവും ഏ അതുപോലെ ഈ ഒരു ഭാഗം അടർത്തിയെടുത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭാഗം മുഴുവനായിട്ട് വായിച്ചു നോക്കി ആ പശ്ചാത്തലം മനസ്സിലാക്കി വേണം ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊക്കെയാണ് ബൈബിൾ ട്രാൻസ്ലേ ബൈബിള് വായിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിള് ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോടെ വളരെ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം ബൈബിള് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ബൈബിളിലെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളും പഴയ നിയമപുസ്തകങ്ങളാണല്ലോ അപ്പോൾ യഹൂദന് തലമുറകളായിട്ട് ഈ പഴയ നിയമപുസ്തകങ്ങൾ അവൻ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അതിനുവേണ്ടി പ്രത്യേകം പരീക്ഷന്മാർ ശാസ്ത്രിമാർ ദൈവവചനം ആ തിരുവഴുത്ത് പഴയ നിയമപുസ്തകങ്ങൾ ഒക്കെ വളരെ ജാഗ്രതയോടെ പഠിപ്പിക്കുന്ന വിഭാഗങ്ങൾ ശാസ്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയുണ്ട് അതൊരു അലിഗോറിക്കൽ മെതേഡ് എന്ന് പറയും എന്നു വെച്ചാൽ ഒരു കടങ്കഥ പോലെ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു രഹസ്യമുള്ളതുപോലെ അത് ഇങ്ങനെ വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് നല്ല ചില ആശയങ്ങൾ കണ്ടുപിടിച്ച് അത് കേക്കുമ്പോൾ നമുക്കും അത് നല്ലതാണെന്ന് തോന്നും പക്ഷെ അത് യഹൂദന്മാരുടെ ഒരു രീതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒരിക്കലും കർത്താവ് പഴയ നിയമ തിരുവഴുത്തുകളൊക്കെ ഉദ്ധരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ അതൊന്നും ഒരു രഹസ്യാത്മകമായ രീതിയിൽ യഹൂദന്മാരിലെ ശാസ്ത്രിമാർ ഒരു അലിഗോറിക്കൽ മെത്തേഡിൽ ട്രാൻസ്ലേ അത് വ്യാഖ്യാനിക്കുന്നത് പോലെ കർത്താവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മളും ആ യഹൂദന്മാരുടെ രീതി നമ്മൾ പിന്തുടരുത് പിന്തുടരാതിരിക്കുന്നതാണ് നല്ലത് യഹൂദന്മാരുടെ രീതി എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഉദാഹരണം ഞാനിങ്ങനെ പറയാം അതായത് അബ്രഹാമിന് തൻ്റെ മകന് ഈ ഇസാക്കിന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കാനായിട്ട് അയച്ച ആ ദാസൻ്റെ പേര് എലയാസർ എന്നായിരുന്നല്ലോ എലയാസർ എലയാസർ ഈ ഹീബ്രുവിൽ ഈ ഓരോ അക്ഷരത്തിനും ഓരോ അക്കങ്ങളുണ്ട് ഈ ഇല്ല തുടങ്ങുന്നെങ്കിൽ എലയാസർ എന്നുള്ളതിൻ്റെ ആണെങ്കിൽ അതിന് പന്ത്രണ്ട് എന്നൊരു അക്കമാണെങ്കിൽ അത് എല്ലിന് ഇരുപത്തഞ്ച് എന്നൊരക്കമാണെങ്കിൽ അത് അങ്ങനെ ഓരോ അക്ഷരത്തിനും അവർക്ക് ഓരോ അക്കങ്ങളുണ്ട് ഈ എലയാസർ എന്നുള്ളത് എഴുതി വെച്ചിട്ട് അതിൻ്റെ അതിലെ ഓരോ അക്ഷരങ്ങൾക്കും തത്തുല്യമായ അക്കങ്ങൾ എടുത്ത് കൂട്ടി നോക്കിയാൽ മുന്നൂറ്റി എന്ന് കിട്ടും മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി അങ്ങനെ അവർക്ക് കിട്ടുന്നു കിട്ടുന്ന ഉടനെ ഈ ശാസ്ത്രിമാർ ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ പതിനാല് അവിടെ നോക്കുക അവിടെ അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികൾ മുന്നൂറ്റി പതിനെട്ട് പേരാണ് അപ്പോൾ എലയാസർ എന്നുള്ള പേരിൻ്റെ അക്കങ്ങൾ കൂട്ടി നോക്കി മുന്നൂറ്റി പതിനെട്ടെന്നൊരു സംഖ്യ കിട്ടി പിന്നെ അവർ ബൈബിൾ നോക്കിയപ്പം അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികൾ മുന്നൂറ്റി പതിനെട്ടെന്ന് കണ്ടു ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അവരൊരു നിഗമനത്തിൽ ഒരു വ്യാഖ്യാനത്തിലെത്തുകയാണ് അപ്പോൾ അബ്രഹാമിൻ്റെ ഈ ദാസനായ എലയാസർ മറ്റ് മുന്നൂറ്റി പതിനെട്ട് ദാസന്മാർക്ക് തുല്യനാണ് ഇദ്ദേഹം ഒരൊറ്റയാൾ മറ്റ് മുന്നൂറ്റി പതിനെട്ട് പേർക്ക് തുല്യനാണ് കേട്ടാ നല്ലൊരു കാര്യമല്ലേ നല്ല കാര്യമായിട്ട് തോന്നും പക്ഷേ ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നത് യഹൂദന്മാരുടെ അലിഗോറിക്കൽ രീതിയാണ് ആ യഹൂദന്മാരുടെ ആ ഒരു രീതി പല രീതിയിലും വന്നിട്ടുണ്ട് നമ്മുടെ ഇടയിലും ഒക്കെ സ്വാധീനം വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് സാറ മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം കെതൂറ കെദൂറയെ കല്യാണം കഴിച്ചു കെദൂറയുടെ പേരിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ സ്വീറ്റ് ഓർഡർ സുഗന്ധ പരിമളം എന്നാണ് ഈ സുഗന്ധ പരിമളം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ജീവിതമാണ് ഹോളി ലൈഫാണ് അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു അബ്രഹാം ഒരു വിശുദ്ധ ജീവിതത്തെ വിവാഹം കഴിച്ചു പരിണയം കഴിച്ചു എന്ന് കെതൂറയെ വിവാഹം കഴിച്ചതിനെ അങ്ങനെ വ്യാഖ്യാനിച്ച് അതിൽ നല്ല ചിന്തകളൊക്കെ കൊണ്ടുവരും കുഴപ്പമൊന്നുമില്ല പക്ഷേ നോക്കുക ഈ കെതുറയ്ക്ക് ആറ് മക്കളാകുള്ളത് ഈ ആറ് മക്കൾ അപ്പം വിശുദ്ധ ജീവിതത്തിന് ആറ് മക്കളുണ്ടോ എന്ന് തന്നെ ഈ ആറ് മക്കളിലും ഇന്ത്യാന്യുമൊക്കെ ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആറ് ജാതികളാണ് അപ്പോൾ അവരെയൊക്കെ വിശുദ്ധ ജീവിതത്തിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ഒരു പൊരുത്തക്കേട് തോന്നുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ യഹൂദൻ്റെ ഈ നിലയിലുള്ള രഹസ്യാത്മകമായ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുകയാണ് നല്ലത് അത് ബൈബിളിൽ വളരെ പ്ലെയിനായിട്ട് വളരെ തുറന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രപരമായ ഭാഗങ്ങളൊക്കെ അങ്ങനെ തന്നെ അങ്ങ് എടുക്കുക നല്ലത് എന്നാൽ ചില ഭാഗങ്ങൾ ബൈബിളിൽ തന്നെ അലിഗോറിക്കലായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അത് ആ നില വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല ഈ യഹൂദന്മാരുടെ ഈ പാരമ്പര്യം ആദ്യ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാരെയും സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യ നൂറ്റാണ്ടുകളിലെ ബൈബിളിൽ കാണുന്ന പത്രോസും പൗലോസും ഒന്നുമല്ല അല്ലാത്ത ക്രിസ്വസ്റ്റം ക്ലമൻ്റ് ഓറിഗൺ എന്നൊക്കെ പറയുന്ന സഭാപിതാക്കന്മാരുടെ ഒക്കെ എഴുത്തുകൾ നോക്കിയാൽ അവരെയൊക്കെയും പല നിലയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ക്രിസോസ്റ്റത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം പറയുന്നു ശലോമോൻ്റെ സിംഹാസനത്തിന് ആറ് പടികളുണ്ട് അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആറ് പടികൾ ശലോമോൻ്റെ സിംഹാസനത്തിനുണ്ട് ദൈവത്തിലേക്ക് നയിക്കാനും ആറു പടികളുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ദൈവത്തിലേക്കുള്ളത് ശലോമോൻ്റെ സിംഹാസനത്തിൻ്റെ ആറു പടികളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസംഗമാണ് പക്ഷേ നോക്കുക അത് ആ നിലയിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നേരത്തെയുള്ള യഹൂദന്മാരുടെ അലിഗോറിക്കൽ ആ മെതേഡിനെ പിന്തുടരുന്ന ഒരു രീതിയാണ് അതുപോലെ ക്ലമൻറ്റ് അദ്ദേഹം ഈ ന്യായ യേശുവയുടെ പുസ്തകം രണ്ടാമധ്യായും പതിനേഴാമത്തെ വാക്യത്തിൽ രാഹാബ് തൻ്റെ കിളിവാതുക്കല് ഒരു ചരട് കിട്ടി എന്ന് പറയുന്നുണ്ട് ക്ലമൻറ്റ് അതിനെക്കുറിച്ച് പറയുന്നത് ആ ചുവപ്പു ചരട് യേശുവിൻ്റെ രക്തത്തെയാണ് കാണിക്കുന്നത് രാഹാബ് കിട്ടിയ കിളിവാതുക്കലെ ചുവപ്പു ചരട് സമം യേശുവിൻ്റെ രക്തം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വ്യാഖ്യാനിച്ചു അതിൻ്റെ അകത്ത് അതിൽ തന്നെ തെറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഒരു ചരിത്ര സംഭവത്തെ നമ്മളെടുത്ത് അതിൽ നിന്ന് വലിയ ആത്മീയ ആശയങ്ങളൊക്കെ കൃത്രിമമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പോലെ ഉള്ളത് നല്ലതല്ല കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മൾ ഈ ബൈബിൾ ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങൾ ആ നിലയിൽ തന്നെ എടുക്കുകയും അല്ലാതെ ആത്മീയമായ അർത്ഥങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കേവലം അതിൻ്റെ അക്ഷര തലത്തിനപ്പുറത്ത് അതിൻ്റെ വ്യങ്ക്യാർത്ഥവും അതിൻ്റെ ആത്മീയ കൂടെ എടുത്ത് നമുക്കതിനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല ഓറഗൻ എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നല്ലതാണ് കാരണം ഒരാളുടെ ശരീരത്തിന് ഒരാൾ ഒരു ഒരു വ്യക്തിക്ക് ശരീരമുണ്ട് ദേഹിയുണ്ട് ആത്മാവുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദേഹത്തെ ശരീരത്തെ അതിൻ്റെ അക്ഷരാർത്ഥം അവിടെ കാണുന്ന അക്ഷരാർത്ഥം ദേഹം അതിൻ്റെ വ്യംഗ്യാർത്ഥമാണ് ദേഹി ഇത് രണ്ടുമല്ലാതെ അതിൻ്റെ നിന്നൊരു ആത്മീയാർത്ഥം ഒരു വെളിപ്പാടെടുക്കുന്നതാണ് അതിൻ്റെ സ്പിരിറ്റ് അപ്പോൾ ബോഡി സോൾ സ്പിരിറ്റ് എന്നുള്ള നിലയിൽ പുതിയ നിയമ ഭാഗങ്ങളെ ലേഖനങ്ങളെ നമുക്കങ്ങനെ വ്യാഖ്യാനിക്കുന്നത് നല്ലതാണ് എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ വ്യാഖ്യാനങ്ങളിലെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഓരോരുത്തരെ കേട്ടാൽ വളരെ ഭംഗിയായിട്ട് തോന്നും പക്ഷേ പലപ്പോഴും അത് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാതെ നിൽക്കുകയാണോ വ്യാഖ്യാനത്തിൻ്റെ ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കണം യഹൂദന്മാരല്ല ഈ കാര്യത്തിൽ നമ്മുടെ മാതൃക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഈ ബൈബിളിനെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പഴയ നിയമം നമുക്ക് ആവശ്യമില്ല പഴയ നിയമം ബൈബിളിൻ്റെ ഭാഗമല്ല അത് യഹൂദൻ്റേതാണ് പുതിയ നിയമം മാത്രം നമുക്ക് മതി എന്ന് പറയുകയും വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ചിലരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് പക്ഷെ അതിന് അത് കാരണം യേശു പഴയ നിയമത്തിൽ നിന്ന് എഴുപത്തെട്ട് വട്ടം ഉദ്ധരിച്ചു അതുപോലെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്ന് യേശു ഇരുപത്താറ് വട്ടം ഉദ്ധരണികളെടുത്തു ഏ പഴയ നിയമത്തെ തിരുവഴുത്ത് ദൈവവചനം എന്നെല്ലാം വിളിച്ചു അങ്ങനെ യേശു ഈ പഴയ നിയമത്തെ അംഗീകരിച്ചു എഴുപത്തെട്ട് വട്ടം ഉദ്ധരിച്ചു പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്ന് ഇരുപത്താറ് വട്ടം ഉദ്ധരിച്ചു അതുപോലെ അപ്പോസ്തലന്മാർ അവരെ ഇരുന്നൂറ്റൊൻപത് വട്ടം പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചു അവരും അതിനെ തിരുവഴുത്തായിട്ട് കണ്ടു അപ്പോൾ യേശു അപ്പോസ്തന്മാരും ഒരിക്കൽ അവർ എന്താ ഇതിനെ തിരുവഴുത്തായിട്ട് കണ്ടു അതിൽ നിന്ന് ഉദ്ധരണികൾ എടുത്തു അപ്പം തന്നെ യേശു അപ്പോസന്മാർ ഒരിക്കൽ പോലും അപ്പോക്രിഫ ഉദ്ധരിച്ചിട്ടില്ലെന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരേ ഈ പഴയ നിയമം അതും പുതിയ നിയമവും രണ്ടും കൂടെ ചേർന്ന് രണ്ടും ചേർന്ന് പഴയ പുതിയ നിയമങ്ങൾ അടങ്ങുന്ന അറുപത്താറ് പുസ്തകങ്ങൾ മുഴുവനുമാണ് ദൈവോചനം അതാണ് ആധികാരികം അതിനെ നമ്മൾ ലളിതമായിട്ട് വായിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ബോധ്യത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയുമാണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഈ ദൈവവചനത്തെ പലതിനോട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കണ്ണാടിയോട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് യാക്കോബ് ഒന്ന് ചുറ്റികയോട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇരമ്യാവ് ഇരുപത്തി തീയോട് താരതമ്യം ചെയ്ത് ഇരമ്യാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെ വിളക്കിനോട് താരതമ്യം ചെയ്ത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പാലിനോട് താരതമ്യം ചെയ്ത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് അപ്പത്തോട് മത്തായി നാല് നാലിൽ താരതമ്യം ചെയ്തിരിക്കുന്നു കട്ടിയായ ആഹാരത്തോട് എബ്രായർ പതിനൊന്ന് മുതൽ എബ്രായർ ആ അഞ്ചിന്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെ പറഞ്ഞിരിക്കുന്നു തേനെ തേൻകെട്ട വാള അമ്പ് സ്വർണം ഇങ്ങനെ എല്ലാത്തിനോടും ഇതിനെ താരതമ്യം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് നമ്മളെ നമുക്ക് തണുപ്പ് നൽകുന്നതാണ് നമ്മളെ പാത നമുക്ക് പോഷണം നൽകുന്നതാണ് നമ്മളെ കുളിർമപ്പെടുത്തുന്നതാണ് ഇങ്ങനെയെല്ലാം ആ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് എടുക്കുക അതുകൊണ്ട് ഈ ദൈവവചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ദൈവവചനത്തിൻ്റെ വായന ധ്യാനം ദൈവവചനം കേൾക്കുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ഇതൊക്കെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ മലിനതകളെ മാറ്റും എത്രമാത്രം ദൈവവചനത്തെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഗണ്യമാക്കി കളയുമോ ഉപേക്ഷിക്കുമോ അത്രമാത്രം ഈ മാലിന്യങ്ങൾ നമ്മുടെ മേൽ സ്വാധീനമുറപ്പിക്കും അതുകൊണ്ട് ഈ ദൈവവചനം എന്ന് പറയുന്നത് ഒരു വെള്ളമാണ് അത് ശുദ്ധീകരിക്കുന്നതാണ് തീയാണ് ശുദ്ധീകരിക്കുന്നതാണ് അപ്പമാണ് പോഷിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയും അതിനെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയും വേണം അങ്ങനെ ഈ തിരുവഴുത്തൽ നിന്ന് പോഷണം ലഭിച്ചവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം ഈ വചനങ്ങളായി നമ്മളെ അനുഗ്രഹിക്കുകയാണ്